ം ഏഴ് ദാരിയാവേശ്വരാജാവിന്റെ നാലാണ്ടിൽ കിസ്ലേവ് എന്ന ഒമ്പതാം മാസം നാലാം തീയതി സഖരിയാവിന് യഹോവയുടെ അരിലപ്പാടുണ്ടായി ബേതൽ കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരേസരനെയും രേഖമേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു സൈന്യങ്ങളുടെ ഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ അഞ്ചാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിച്ചു അപ്പോൾ സൈന്യങ്ങളുടെ ഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഈ എഴുപത് സംവത്സരമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത് നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എരിശിലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ യഹോവയുടെ എളപ്പാട് സഖരിയാവിനുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ താൻറെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുകയും വിധവയേയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളിലാരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത് എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അവർ ദുഃശാഠ്യം കാണിക്കുകയും കേൾക്കാതെ ചെവി പൊത്തിക്കളുകയും ചെയ്തു അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ ഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാത്തവണ്ണം ഹൃദയങ്ങളെ വജ്രംപോലെ കടുപ്പമാക്കി അങ്ങനെ സൈന്യങ്ങളുടെ ഹോവയെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും ഞാൻ കേൾക്കയില്ല താനും എന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു ഞാൻ ഒരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകലജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു ദേശമോ ആരും പോക്കുവരത്തില്ലാതെ വണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായിത്തീർന്നു അങ്ങനെ അവർ മനോഹരദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു